യൂണിറ്റ് സെവൻ ലെസൺ ട്വന്റി സെവൻ ലിസൺ നിങ്ങൾക്കറിയാമോ അതേത് പത്രമാണ് സാർ മലയാള മനോരമയോ അല്ല ഇതൊരു ഒറിയ പത്രമാണ് സാറിന് ഒറിയ ഭാഷയും അറിയാമോ അറിയാം അതാണ് എൻ്റെ മാതൃഭാഷ അതുകൊള്ള സാറെപ്പോൾ മലയാളിയല്ലേ അല്ല ഞാൻ ഒറിയ ആണ് പിന്നെ സാറിൻ്റെ മലയാളം എങ്ങനെ അറിയാം ഞാൻ ഇപ്പോൾ ഒരു മലയാളം വിദ്യാർത്ഥിയാണ് ആരാണ് സാറിൻ്റെ മലയാളം ടീച്ചർ മൈസൂരിൽ ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഭാരതീയ ഭാഷാ കേന്ദ്ര സ്ഥാപനം ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയാണ് മൈസൂറിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഈ കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അവിടെ ഒരു ഭാഷ പഠിക്കാൻ എത്ര നാളത്തെ പരിശീലനം വേണം പത്തു മാസത്തെ കോഴ്സാണത് പരിശീലന കാലത്തിനിടയ്ക്ക് ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട് ഭാഷാ ആണ് അതിൻ്റെ ഉദ്ദേശം ആ പര്യടന കാലമാണ് ഞങ്ങൾക്കിപ്പോൾ എത്ര ദിവസത്തേക്കാണ് സമ്പർക്ക പരിപാടി രണ്ടാഴ്ചത്തേക്ക് അതുകൊള്ളാം സാറിന് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ ആയി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം എനിക്ക് വളരെ ഇഷ്ടമായി എല്ലാ സഞ്ചാരികളുടെയും അഭിപ്രായം ഇത് ഞങ്ങൾ വെറും സഞ്ചാരികളല്ല പഠന പര്യടനക്കാരാണ് കൊള്ളാം വളരെ സന്തോഷം സാറിന് എത്ര ഭാരതീയ ഭാഷകൾ അറിയാം എല്ലാം അറിയാമോ എല്ലാം അറിയാൻ പാടില്ല ഒറിയയും ബംഗാളിയും എനിക്ക് നന്നായി അറിയാം ഹിന്ദി അറിയില്ലേ ഹിന്ദി സംസാരിക്കാൻ അറിയില്ല വായിക്കാനും എഴുതാനും അറിയാം ആസാമിയ ഭാഷ സംസാരിക്കാൻ അറിയാം തെലുങ്കും കുറച്ചൊക്കെ മനസ്സിലാക്കാം ഇപ്പോൾ മലയാളം അറിയാൻ പാടില്ലേ ഇല്ല മലയാളം എനിക്ക് നന്നായി അറിയാൻ പാടില്ല മനസ്സിലാക്കാനോ വായിക്കാനോ അത്ര പ്രയാസമില്ല എഴുതാനും അറിയാം പക്ഷേ മലയാളികളെ പോലെ സംസാരിക്കാൻ അറിയില്ല അതിനു പ്രയാസമുണ്ട് ഇനിയും പഠിക്കാനുണ്ട് അതേത് പത്രമാണ് സാർ അതേത് പത്രമാണ് സാർ മലയാള മനോരമയോ മലയാള മനോരമയോ അല്ല ഇതൊരു ഒറിയ പത്രമാണ് അല്ല ഇതൊരു ഒറിയ പത്രമാണ് സാറിന് ഒറിയ ഭാഷയും അറിയാമോ സാറിന് ഒരേ ഭാഷയും അറിയാമോ അറിയാം അതാണ് എന്റെ മാതൃഭാഷ അറിയാം അതാണ് എന്റെ മാതൃഭാഷ അത് സാർ അപ്പോൾ മലയാളി അല്ലേ സാർ അപ്പോൾ മലയാളി അല്ലേ അല്ല ഞാൻ ഒറിയ ആണ് അല്ല ഞാൻ ഒറിയ ആണ് പിന്നെ സാറിന് മലയാളം എങ്ങനെ അറിയാം பின் சாரு மலையாளம் எங்கே அறியாம் ஞானிப்போ ஒரு மலையாளம் வித்தியார்த்தியானி போல் ஒரு மலையாளம் வித்தியார்த்தியான ஆரான சார மலையாளம் டீச்சர் ஆரான സാറിന്റെ മലയാളം ടീച്ചർ മൈസൂരിൽ ഒരു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മൈസൂരിൽ ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഭാരതീയ ഭാഷാ കേന്ദ്ര സ്ഥാപനം ഭാരതീയ ഭാഷ കേന്ദ്ര സ്ഥാപനം ഞാൻ അവിടത്തെ വിദ്യാർത്ഥിയാണ് ഞാൻ അവിടത്തെ വിദ്യാർത്ഥിയാണ് മൈസൂറിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ മൈസൂറിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഈ കാര്യം എനിക്കിതുവരെ അറിയില്ലായിരുന്നു ഈ കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അവിടെ ഒരു ഭാഷ പഠിക്കാൻ എത്ര നാളത്തെ പരിശീലനം വേണം അവിടെ ഒരു ഭാഷ പഠിക്കാൻ എത്ര നാളത്തെ പരിശീലനം വേണം പത്തു മാസത്തെ കോഴ്സാണത് പത്തു മാസത്തെ കോഴ്സ് ആണത് പരിശീലന കാലത്തിനിടയ്ക്ക് ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട് പരിശീലന കാലത്തിനിടയ്ക്ക് ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട് ഭാഷാ പരിസര പരിചയം ആണ് ഭാഷാ പരിസര ആണ് അതിന്റെ ഉദ്ദേശം അതിന്റെ ഉദ്ദേശം ആ പര്യടന കാലമാണ് ഞങ്ങൾക്കിപ്പോൾ ആ പര്യടന കാലമാണ് ഞങ്ങൾക്കിപ്പോൾ എത്ര ദിവസത്തേക്കാണ് സമ്പർക്ക പരിപാടി എത്ര ദിവസത്തേക്കാണ് സമ്പർക്ക പരിപാടി രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് അതുകൊള്ളാം അതുകൊള്ളാം സാറിന് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ സാറിന് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ ആയി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം എനിക്ക് വളരെ ഇഷ്ടമായി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം എനിക്ക് വളരെ ഇഷ്ടമായി എല്ലാ സഞ്ചാരികളുടെയും അഭിപ്രായം ഇത് എല്ലാ സഞ്ചാരികളുടെയും അഭിപ്രായം ഇത് തന്നെയാണ് ഞങ്ങൾ വെറും സഞ്ചാരികളല്ല ഞങ്ങൾ വെറും സഞ്ചാരികളല്ല പഠന പര്യടനക്കാരാണ് പഠന പര്യടനക്കാരാണ് കൊള്ളാം വളരെ സന്തോഷം കൊള്ളാം വളരെ സന്തോഷം സാറിന് എത്ര ഭാരതീയ ഭാഷകൾ അറിയാം സാറിന് എത്ര ഭാരതീയ ഭാഷകൾ അറിയാം എല്ലാം അറിയാമോ എല്ലാം അറിയാമോ എല്ലാം അറിയാൻ പാടില്ല എല്ല അറിയാൻ പാടില്ല ഒറിയയും ബംഗാളിയും എനിക്ക് നന്നായി അറിയാം ഒറിയയും ബംഗാളിയും എനിക്ക് നന്നായി അറിയാം ഹിന്ദി അറിയില്ലേ ഹിന്ദി അറിയില്ലേ ഹിന്ദി സംസാരിക്കാൻ അറിയില്ല ഹിന്ദി സംസാരിക്കാനറിയില്ല വായിക്കാനും എഴുതാനും അറിയാം വായിക്കാനും എഴുതാനും അറിയാം ആസാമിയ ഭാഷ സംസാരിക്കാൻ അറിയാം ആസാമിയ ഭാഷ സംസാരിക്കാനറിയാം തെലുങ്കും കുറച്ചൊക്കെ മനസ്സിലാക്കാം തെലുങ്കും കുറച്ചൊക്കെ മനസ്സിലാക്കാം ഇപ്പോൾ മലയാളം അറിയാൻ പാടില്ലേ ഇപ്പോൾ മലയാളം അറിയാൻ പാടില്ലേ ഇല്ല മലയാളം എനിക്ക് നന്നായി അറിയാൻ പാടില്ല ഇല്ല മലയാളം എനിക്ക് നന്നായി അറിയാൻ പാടില്ല മനസ്സിലാക്കാനോ വായിക്കാനോ അത്ര പ്രയാസമില്ല മനസ്സിലാക്കാനോ വായിക്കാനോ അത്ര പ്രയാസമില്ല എഴുതാനും അറിയാം എഴുതാനും അറിയാം പക്ഷേ മലയാളികളെപ്പോലെ സംസാരിക്കാൻ അറിയില്ല പക്ഷെ മലയാളികളെപ്പോലെ സംസാരിക്കാനറിയില്ല അതിനു കുറെ പ്രയാസമുണ്ട് പ്രയാസമുണ്ട് ഇനിയും പഠിക്കാനുണ്ട് ഇനിയും പഠിക്കാനുണ്ട് ഡ്രിൽ നിങ്ങൾക്ക് മലയാളം അറിയാമോ നിങ്ങൾക്ക് മലയാളം അറിയാമോ എനിക്ക് തെലുങ്ക് വായിക്കാൻ അറിയാം എനിക്ക് തെലുങ്ക് വായിക്കാൻ അറിയാം രാജുവിനും പണ്ട് തമിഴ് അറിയാമായിരുന്നു രാജുവിനും പണ്ട് തമിഴറിയാമായിരുന്നു എന്റെ അനിയനു നിങ്ങളെ അറിയാൻ പാടില്ല എന്റെ അനിയനു നിങ്ങളെ അറിയാൻ പാടില്ല അയാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരുന്നു അയാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറിയ അറിയില്ലേ ബാബുവിന് മലയാളം അറിയാൻ പാടില്ലേ ബാബുവിന് മലയാളം അറിയാൻ പാടില്ലേ അത് കൊള്ളാം അത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം എല്ലാം കൊള്ളാം എല്ലാം കൊള്ളാം എക്സ്പാൻഷൻ മോഡൽ നിനക്കറിയാമോ മാധവനെ പറ്റി നിനക്ക് മാധവനെ പറ്റി അറിയാമോ ചേട്ടൻ നിനക്ക് സുഖുവിന്റെ ചേട്ടൻ മാധവനെ അറിയാമോ നൗ ഫോളോ ദോഡൽ നിനക്ക് അറിയില്ലേ വായിക്കാനും നിനക്ക് വായിക്കാനും അറിയില്ലേ എഴുതാനും നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ലേ മാതൃഭാഷ നിനക്ക് മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയില്ലേ മാധവിക്ക് അറിയാം നന്നായി മാധവിക്ക് നന്നായി അറിയാം ഉണ്ടാക്കാൻ മാധവിക്ക് പലഹാരമുണ്ടാക്കാൻ നന്നായി അറിയാം എനിക്ക് അറിയാൻ പാടില്ല നന്നായി എനിക്ക് നന്നായി അറിയാൻ പാടില്ല എനിക്ക് അത്ര നന്നായി അറിയാൻ പാടില്ല നിങ്ങളുടെ ഭാഷ എനിക്ക് നിങ്ങളുടെ ഭാഷ അത്ര നന്നായി അറിയാൻ പാടില്ല സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ മധുവിന് അയാളെ അറിയാം അവരെ മധുവിന് അവരെ അറിയാം മധുവിന് നിന്നെ അറിയാം മധുവിന് സുമയെ അറിയാം എന്നെ മധുവിന് എന്നെ അറിയാം രാമനെ മധുവിന് രാമനെ അറിയാം മധുവിന് അദ്ദേഹത്തിനെ അറിയാം അദ്ദേഹത്തിന് നമ്മുടെ ഭാഷ സംസാരിക്കാനറിയില്ല എഴുതാൻ അദ്ദേഹത്തിന് നമ്മുടെ ഭാഷ എഴുതാൻ അറിയില്ല അദ്ദേഹത്തിന് നമ്മുടെ ഭാഷ വായിക്കാനറിയില്ല മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ അറിയില്ല ആ കാര്യം ഞങ്ങൾക്കറിയാൻ പാടില്ല ഭാഷ ആ ഭാഷ ഞങ്ങൾക്കറിയാൻ പാടില്ല വീട് ആ വീട് ഞങ്ങൾക്കറിയാൻ പാടില്ല Institute. That ah, institute, we don't know. Transformation drill, Model, 1. I am a Hindi I am a Hindi I am a Hindi I am a Hindi Now, follow the model. സരളക്ക് നമ്മുടെ ഭാഷ അറിയാം സരളയ്ക്ക് നമ്മുടെ ഭാഷ അറിയാൻ പാടില്ല നിനക്ക് അവനെ അറിയാം നിനക്ക് അവനെ അറിയാൻ പാടില്ല ഞങ്ങൾക്കും ഞങ്ങൾക്കും ആ ഓഫീസ് അറിയാൻ പാടില്ല അവർക്ക് നിന്റെ അച്ഛനെ അറിയാം അവർക്ക് നിന്റെ അച്ഛനെ അറിയാൻ പാടില്ല എന്റെ ചേട്ടന് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാം എന്റെ ചേട്ടന് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാൻ പാടില്ല മോഡൽ ടു രാധയ്ക്ക് കഥ പറയാൻ അറിയാം രാധയ്ക്ക് കഥ പറയാൻ അറിയില്ല നൗ ഫോളോ ദോഡൽ മധുവിന്റെ ചേച്ചിക്ക് കഥ എഴുതാനും അറിയാം മധുവിന്റെ ചേച്ചിക്ക് കഥ എഴുതാനും അറിയില്ല എന്റെ അനിയനും അറിയാം എൻറെ അനിയനും വേഗം ഓടാൻ അറിയില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് കഥകളി ആസ്വദിക്കാൻ അറിയാം ഞങ്ങളുടെ നാട്ടുകാർക്ക് കഥകളി ആസ്വദിക്കാൻ അറിയില്ല എൻറെ കൂട്ടുകാരിയുടെ അമ്മക്ക് നല്ല പലഹാരം ഉണ്ടാക്കാൻ അറിയാം എൻറെ കൂട്ടുകാരിയുടെ അമ്മക്ക് നല്ല പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല ഡ്രിൽ മോഡൽ നിങ്ങളുടെ സ്വന്തം വീട് എവിടെയാണ് എറണാകുളത്ത് അതുകൊള്ളാം എന്റെ വീടും എറണാകുളത്ത് തന്നെ നൗ ഫോളോ മോഡൽ സാറിന്റെ മാധവനെ അറിയാമോ അറിയാം മാധവൻ എന്റെ കൂട്ടുകാരനാണ് അതുകൊള്ള സാറിന് ഞങ്ങളുടെ നാട് ഇഷ്ടമായോ ഇഷ്ടമായി സാറിന് ചായ വേണ്ടേ വേണ്ട വേണ്ട എനിക്ക് രാവിലെ ചായ വേണ്ട അതുകൊള്ളാം